si ji pa saniya si palana ിഷത് ബ്രഹ്മ ദിവേഭ്യോ വിജി ते विजयो അയം महिमेति തൃതീയഖണ്ഡത്തിൽ ആദ്യമന്ത്രമാണ് അതിൻ്റെ ആമുഖമായി ഭാഷകാരൻ പറയുന്ന കാര്യങ്ങളാണ് ബ്രഹ്മദേവിയെ വ്യൂപിജിക്കെ അങ്ങനെയാണ് തുടങ്ങുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു പക്ഷെ അത് ദേവന്മാരുടെ വിജയമായിരുന്നില്ല ബ്രഹ്മത്തിന്റെ ഈശ്വരന്റെ വിജയമായിരുന്നു ഇതിനെ വിശദീകരിക്കുകയാണ് അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം വിജാനതാം ഇത്യാദിശ്രവണാത് അസ്തി വിജ്ഞാതം പ്രമാണേ അവിജ്ഞാതം ശശഭുഷാണകൽപ്പം അത്യന്തേവസം പറഞ്ഞു അവിജ്ഞാനം വിജ്ഞാതം അവിജാന ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊരു ധാരണ ഉണ്ടാകാം എന്താണോ ഇത്യാദി ശ്രവണിത്വ വിജ്ഞാനം എന്താണോ ഉള്ളത് അതറിയുന്നു അല്ലെങ്കിൽ അതിനെ റിഞ്ഞു അതറിയപ്പെട്ട് കഴിഞ്ഞു എന്തുകൊണ്ട് അറിയുന്നതിനുള്ള പ്രമാണങ്ങളുണ്ട് ഉദാഹരണമായി പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ അവിടെ പ്രമാണമായിരിക്കുന്ന കണ്ണ് കണ്ണുകൊണ്ട് അതിനെ കാണുന്നു ശബ്ദത്തെ ചുവി കൊണ്ട് കേൾക്കുന്നു എന്തുകൊണ്ടതെല്ലാം മുന്നിലുള്ളതാണ് ഉള്ളതിനെ അറിയുന്നു എന്നാസ്തി പ്രത വിജ്ഞ അതില്ലാത്തത് റിയുന്നില്ല ഉള്ളതിനെല്ലാം നമുക്കറിയാൻ കഴിയുന്നു ഇല്ലാത്തതിനെ അറിയാൻ കഴിയുന്നില്ല ശശിയഭുഷാണ് കല്പം മൂൽക്കൊമ്പ എന്ന് പറയുന്നത് അതില്ലാതുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല അത്യന്തമയ വാസത്ത് അത് പൂർണമായും ഇല്ലാത്തതാണ് അപ്പോൾ ഇതൊരു സാമാന്യ വ്യക്തി ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അത് പ്രമാണങ്ങളിലൂടെ അറിയാൻ കഴിയും എന്തില്ലയോ അതറിയാൻ കഴിയില്ല തഥാ ബ്രഹ്മേദി മന്ദബുദ്ധീന അതുകൊണ്ട് ബ്രഹ്മ അവിജ്ഞാതേ ഇവിടെ ശ്രുതി പറയുന്നു ആചാര്യം പറയുന്നു എന്താണ് ബ്രഹ്മം അങ്ങനെയൊന്നും അതാണ് പരമാർത്ഥം അങ്ങനെ പറയുമ്പോഴും ശ്രോതാവിനെ സംബന്ധിച്ച് അത് അഭിജ്ഞാതമായി തന്നെ ഇരിക്കുന്നു ശബ്ദജ്ഞാനത്തിൽ കൂടുതൽ പ്രത്യേകിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് അവന് വിശേഷിച്ച് അറിവൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ബാഹ്യമായ വിഷയങ്ങളെ അറിയുന്നത് പ്രത്യക്ഷ പ്രമാണത്തെ കൊണ്ടറിയുന്നു ഇനി പലതും അനുമാനിച്ചറിയാൻ കഴിയുന്നു എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമുണ്ടാവും പക്ഷെ ബ്രഹ്മത്തെ പറയുന്നു പക്ഷെ അവിജ്ഞാതത്വ ഒന്നും അറിയാൻ കഴിയുന്നില്ല കേൾക്കാനേ കഴിയുന്നുള്ളൂ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അത് കേൾക്കാനേ കഴിയുന്നുള്ളൂ മറ്റ് വസ്തുക്കളുടെ പ്രത്യക്ഷമായ അപരോക്ഷമായ അനുഭവം ഉണ്ടാകുന്നതുപോലെ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അസുദ ഇതില്ലാത്തതാണോ കാരണം നൂ പറഞ്ഞു അവിജ്ഞാതം വിജാനത വിജ്ഞാതം വിജാനത എന്ന് പറയുകയും ചെയ്തു ഇതി മന്ദബുദ്ധീനാം വ്യാമോഹോ അങ്ങനെ മന്ദബുദ്ധികൾക്ക് വ്യാമോഹം വരാം മൂഢത അവർക്ക് വരാം അത് സാധാരണ പറയാറുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ധാരാളം കേൾക്കുന്നു ആത്മതത്വ ശ്രവണം ചെയ്യുന്നു എന്നിട്ടും അതിനൊരു ഫലം കാണുന്നില്ല എൻ്റെ മനസ്സിലൊരു മൂഢത വരാം ഓ ഇത് ഇല്ലാത്തതാണ് അസൈവ ഉള്ളതല്ല അങ്ങനെ തോന്നാം തോന്നാറുണ്ട് അതിന് കാരണം പറയുന്നുണ്ടാണോ എന്റെ ബുദ്ധിയുടെ മാന്ദ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ അതില്ലാത്തതു കൊണ്ടല്ല അതിനെ ഗ്രഹിക്കുന്നതിന് ശേഷി സ്വന്തം ബുദ്ധിക്കില്ല ബുദ്ധി മാന്ദ്യം കൊണ്ടങ്ങനെ തോന്നാം അത് വരാൻ പാടില്ല അതുകൊണ്ട് തതിർത്ഥിയം ആഖ്യായിക ആരഭ്യതയെ അതിനുവേണ്ടി അല്ല അങ്ങനെ ഒന്നുണ്ട് അത് പരമാർത്ഥമാണ് സ്വന്തം അനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ടില്ല എന്ന് കരുതണ്ട ഇത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ വന്നതാണോ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം തൻ്റെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ അതില്ലെന്ന് തീരുമാനിക്കാൻ പാടില്ല തൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിലും മറ്റാരുടെയെങ്കിലും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുള്ളതാണ് ദേശഭേദം കൊണ്ട് കാലഭേദം കൊണ്ട് പിന്നെ വ്യക്തിഭേദം കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ വരാറില്ല താൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ തൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല കാലഭേദം കൊണ്ട് തൻ്റെ ദേശത്തില്ലാത്ത കാര്യങ്ങൾ മറ്റ് ദേശത്തുള്ളത് തൻ്റെ അനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ട് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കാലഭേദം കൊണ്ട് തൻ്റെ അനുഭവത്തിൽ വരുന്നില്ല അപ്പോൾ കാലഭേദം കൊണ്ടോ ദേശഭേദം കൊണ്ടോ ഉള്ളത് തന്നെ അനുഭവത്തിൽ ഇതിലെല്ലാം ഉപരിയാണ് വ്യക്തിഭേദം ജീവഭേദം കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർഥ്യം കൊണ്ട് തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് വേറൊരു ജീവിയുടെ ഇന്ദ്രിയ ഗ്രഹണ സാമർഥ്യം ഗ്രഹിക്കാൻ കഴിയുന്നതിൽ നിന്ന് ഭിന്നമായിരിക്കും മറ്റൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും തന്റെ ബുദ്ധിയെ തന്റെ ഗ്രഹണ സാമർത്ഥ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒന്നുള്ളതാണ് മറ്റൊന്നില്ലാത്തതാണ് തീരുമാനിക്കാൻ പാടില്ല അതുകൊണ്ട് മറ്റാരെങ്കിലും ഒന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അറിഞ്ഞിട്ടില്ലെങ്കിലും അതുള്ളതാണോ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അങ്ങനെ തീരുമാനിക്കും ഞാൻ അറിയാൻ ശ്രമിച്ചു എനിക്കറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടില്ല എന്ന് ധരിക്കരുത് തഥർത്ഥ അതിനുവേണ്ടി ഇതുള്ളത് തന്നെയാണ് തൻ്റെ ബുദ്ധിമാന്ദ്യം കൊണ്ട് തനിക്ക് വന്നിരിക്കുന്ന വ്യാമോഹമാണ് ഇല്ലയെന്നുള്ളത് അത ഇല്ല എന്നുള്ളത് സത്യമല്ല അങ്ങനെ പറയാൻ നോക്ക് അവകാശമുണ്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിലില്ല അതില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു എൻ്റെ അനുഭവത്തിലുണ്ട് അത് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ തൻ്റെ അനുഭവത്തിന് വിലയില്ലാതെ അത് കേവലം വ്യാമോഹമാണ് തന്റെ മൂഢത മാത്രമാണ് ആഖ്യായിക അതുകൊണ്ട് ഈ ആരംഭിക്കുന്നു അതുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ച് തനിക്കത് വെളിപ്പെടുന്നില്ല അതുകൊണ്ടതില്ല എന്ന് തീരുമാനിക്കരുത് ഇത് പലർക്കും വെളിപ്പെട്ടിട്ടുണ്ട് ഇന്നും വെളിപ്പെടുന്നുണ്ട് പക്ഷേ കാരൻ തന്നെ പറയുന്നുണ്ട് വേറെ സന്ദർഭത്തിൽ ഇത് പൂർവികന്മാർക്ക് വെളിപ്പെട്ട കാര്യമാണ് ഇന്നും പലർക്കും വെളിപ്പെടുന്ന കാര്യമാണ് അങ്ങനെയുള്ളൊരു കാര്യം തന്റെ അനുഭവത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കരുത് അങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെയും നാസ്തിത്വത്തെയും നിശ്ചയിക്കേണ്ടത് കേവലം തന്റെ അനുഭവത്തെ വച്ചിട്ടല്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ജീവൻ അത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉള്ളതാണെന്ന് തനിക്കും അംഗീകരിക്കേണ്ടി വരും അതുപോലെ ഒരു വസ്തു ഉള്ളതായിരുന്നാൽ അത് സർവർക്കും അനുഭവമാണ് അത് വ്യക്തി അതുകൊണ്ട് ഈ ആത്മതത്വം ഇത്രയൊക്കെ വ്യക്തമായി ഉപദേശിച്ച് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടിത് ഇല്ലാത്തതും ധരിക്കരുത് തതിർത്ഥാനും ആഖ്യായിക ആരംഭിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന ആഖ്യായിക കഥാ കഥനം ഒരു കഥ പോലെ ഈ തത്വത്തെ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് നടന്ന ഒരു സംഭവത്തെ പോലെ തരിപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് തടേ ഹി ബ്രഹ്മേണ പ്രശാസ്ത്രമേ പരോ ദൃവിജ്ഞേയോഹേതു അസുരാണി പരാജയേതു തഥം നീതൂലി ഉത്തരാണി വരാംസി ദൃശ്യത്തെ തദ്ദേഹ ഈ ബ്രഹ്മ സർവപ്രകാരേണ പ്രശാസ്ത്ര് ആ ബ്രഹ്മം തന്നെയാണ് സർവപ്രകാരത്തിലും സർവത്തെയും പ്രശാസനം ചെയ്യുന്നത് ഭരിക്കുന്നത് അത് ശ്രുതി അതിനെ ഭയന്നിട്ടാണ് വായുവീശുന്നത് അഗ്നി ജ്വലിക്കുന്നതിന് ഭയന്നിട്ടാണ് മഴ വർഷിക്കുന്നത് അതിന് ഭയന്നിട്ടാണ് തിന്റെ പ്രശാസനത്തിൽ അതിൻ്റെ ഭരണത്തിന് കീഴിലാണ് സർവവും ബ്രഹ്മം സർവ്വ നിയന്തായിരിക്കുന്നു എന്തായാലും ഇതിനെ സൃഷ്ടിക്കാനും നിലനിർത്താനും ഇതിന്റെ പിന്നിലൊന്ന് ഉണ്ടായിരിക്കണം ഇതിനൊക്കെ ആധാരമായൊന്നുണ്ടായിരിക്കണം ഇവിടെ നമ്മുടെ അനുഭവത്തിൽ തന്നെ നിരാധാരമായി കർത്തൃശൂന്യമായി ഒന്നിനും നമ്മൾ കാണുന്നില്ല കാരണരഹിതമായി ഒന്നും കാണുന്നില്ല അപ്പം ഇതിനൊരു പരമ കാരണം ഉണ്ടായിത്തീരും സർവപ്രകാരീണ പ്രശാസ്ത്ര എല്ലാ തരത്തിലും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന നിലനിർത്തുന്ന ഒന്ന് അതെന്താണ് ദേവാനാം അപി പരോദേവഹ ദേവന്മാർക്ക് കൂടി പരനായിരിക്കുന്ന ദേവൻ ഐശ്വര്യശാലികളായിരിക്കുന്ന ദേവന്മാർ മണിമാതി ഐശ്വര്യങ്ങളുള്ളവൻ അതിനേക്കാൾ ഐശ്വര്യമുള്ളവൻ ഈശ്വരാണാം അപ്പി ഈശ്വര അതുപോലെ അനേക വിഭൂതികളോടുകൂടിയിരിക്കുന്നത് ദേവന്മാരും ഈശ്വരന്മാർ ലോകപാലകന്മാർ അവർക്കെല്ലാം ഈശ്വരനായിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉപരിയായിരിക്കുന്നു അതുകൊണ്ട് ദുർവിജ്ഞയനാണ് എന്ന് പറഞ്ഞല്ലോ മന്ദബുദ്ധി എനിക്ക് ബുദ്ധി മാന്ദ്യം ഇരിക്കെ ദുർവിജ്ഞേയമായിരിക്കുന്ന എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും സ്വതേ അത് ദുർവിജ്ഞയമായിരിക്കുന്നു എന്തുകൊണ്ടത് പരനായിരിക്കുന്നു ദേവന്മാർക്കും പരനായിരിക്കും അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതോ ബുദ്ധി മാന്ദ്യത്തോടുകൂടി താൻ അതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ദേവാനാം ജയഹേതുഹു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം അതിൽ ധർമ്മത്തെ വിജയിപ്പിക്കുന്നത് എന്തിനു വേണ്ടി ഈ ലോകത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ധർമ്മത്തെ വിജയിപ്പിക്കുന്നു അധർമ്മത്തെ നശിപ്പിക്കുന്നു അതാണ് ദേവാനാം ജയഹേതു അസുരാണാം പരാജയേതു സർവത്തിൻ്റെയും പ്രശാസ്താവായിരിക്കുന്നതുകൊണ്ട് ഇവിടെ ധർമ്മം നിലനിൽക്കണം അതിനുവേണ്ടി അസുരന്മാരെ പരാജയപ്പെടുത്തുന്നു അതിവിടെ കാണുന്നുണ്ടല്ലോ ധർമ്മത്തിന്റെ വിജയവും അധർമ്മത്തിന്റെ പരാജയവും എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സ്ഥിതി കാണുന്നുണ്ടെന്നും ലോകത്തിന്റെ സ്ഥിതി അതിനെ ആശ്രയിച്ചിട്ടാണ് എന്നാലും ലോകം നിലനിൽക്കത്തുന്നു അധർമ്മത്തെ അസുരന്മാരെ പരാജയപ്പെടുത്തിയേ പറ്റൂ അല്ലെങ്കിൽ ലോകം നിലനിൽക്കത്തില്ല നശിച്ചു ഇപ്പൊ ലോകത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ആരാണോ ദേവന്മാരെ ജയിപ്പിക്കുകയും മസുരന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ഈ ലോകം നിലനിൽക്കെ കഥം നാസ്തി ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും ഈ ലോകം നിലനിൽക്കുന്നുണ്ടോ ആ ധർമ്മം നീതി നന്മ സത്യം ഇതിനെയെല്ലാം നിലനിൽക്കുന്നു ഒന്ന് ഉണ്ട് അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല ഇതിനെല്ലാം നശിപ്പിക്കുന്നതാണ് വിപരീതമായി വരുന്നത് അസത്യം മധർമ്മം അനീതിയെല്ലാം അപ്പം അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇതിനെ നിലനിർത്തുന്ന ബ്രഹ്മ ഈശ്വരൻ കഥം നശി അതെങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ ലോകമേ ഇല്ല ലോകം നിലനിൽക്കത്തില്ല ലോകം നിലനിൽക്കുന്നുണ്ട് അവിടെ ധർമ്മഹേതുവായ ഈശ്വരനും ഉണ്ട് അനുകൂലാനി ഉത്തരാണി വച്ചാംശി ദൃശ്യന്തി അപ്പോൾ ഇതിനനുകൂലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾക്ക് കൂടി ബോധിക്കത്തക്ക തരത്തിൽ ഈശ്വരന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുന്ന അതിനനുകൂലമായ ഉത്തരാണി വച്ചാംശി ദൃശ്യന്തി ഇനി പറയുന്ന വാക്കുകൾ അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ സ്വന്തം അനുഭവം കൊണ്ട് അതിനെ അംഗീകരിക്കാൻ വയ്യ അതിനൊരു തൊട്ട് കഴിയുന്നില്ല എങ്ങനെ അവൻ ഇതിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കും ഇത് സത്യമാണെന്ന് അവൻ എങ്ങനെ ബോധിക്കും അങ്ങനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ പൂർവികന്മാരുടെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കും അതാണ് നമ്മൾ ഗുരുക്കന്മാരെ പിന്തുടരുന്നത് അവരുടെ അനുഭവത്തെ പിന്തുടർന്ന് ആ അനുഭവത്തിന് വേണ്ടി ശ്രമിക്കുന്നു തനിക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന എന്താണ് പൂർവികന്മാർക്കിത് ബോധ്യപ്പെട്ടതാണ് അവരിത് വെളിപ്പെടുത്തിയതാണ് അതുകൊണ്ട് അത് സത്യമാണ് അതിനെ പിന്തുടരുക അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ അത് മനസ്സിലാക്കാം പല വീക്ഷണങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുണ്ട് ഇനി വരുന്ന ഭാഗത്തെ ആ രീതിയിൽ മനസ്സിലാക്കാം അഥവാ ബ്രഹ്മവിദ്യായുതയെ ഇനി മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാം ഇതുവരെ ചർച്ച ചെയ്ത ആത്മവിദ്യ അതെത്രയോ മഹത്വമുള്ളതാണ് എന്നിങ്ങനെ ആ ബ്രഹ്മവിദ്യായ അഹസ്തുതയെ ആ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മഹാത്മ്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രോതാവിനെ എന്തിനെ ബോധിപ്പിക്കണം അതിൻ്റെ മഹാത്മ്യത്തെ ബോധിപ്പിച്ചാലേ ശ്രോതാവിന് അതിനൊരു രുചിയും ഉണ്ടാവും മഹത്തായെ നേടാനാണ് ജീവന്മാരാഗ്രഹിക്കുന്നത് ഇത് വളരെ മഹാത്മ്യമുള്ളതാണ് എന്നവനെ ബോധ്യപ്പെടുത്തുന്നു എങ്ങനെ കഥ ബ്രഹ്മ വിജ്ഞാനാധി അഗ്നി ശ്രേഷ്ഠത്വ് ജഗ്മു ഇവിടെ അഗ്നി വായു ഇന്ദ്രൻ എന്നീ ദേവന്മാരെ സ്തുതിച്ചു പറയും ദേവന്മാരിൽ അവ ശ്രേഷ്ഠന്മാരാണെന്ന് കഥാരൂപത്തിൽ പറയുന്നു എന്തുകൊണ്ടവർക്ക് ഈ ശ്രേഷ്ഠത്വം വന്നു ബ്രഹ്മവിജ്ഞാനാ ആത്മവിജ്ഞാനം കൊണ്ട് അവർ ബ്രഹ്മത്തെ അറിഞ്ഞു അഗ്നിയാദയോ ദേവ ദേവാലാം ശ്രേഷ്ഠത്വം ജഗ്മുഹു ദേവന്മാരിൽ അവ ശ്രേഷ്ഠന്മാരായി തഥോപ്പി അതിതരാം ഇന്ദ്ര അതിൽ തന്നെ ശ്രേഷ്ഠനായി ഇന്ദ്രൻ അത് പറയും ഇന്ദ്രൻ എങ്ങനെ ശ്രേഷ്ഠനായി ഇതിനെ അറിഞ്ഞതുകൊണ്ട് അവർ ശ്രേഷ്ഠന്മാരായി പൂജനീയരായി അതുകൊണ്ട് ഇതിനെ അറിയുന്ന ഒരുവൻ പൂജനീയനായിത്തീരുന്നു അതെന്തിന്റെ മഹത്വം അവന്റെ മഹത്വമല്ല ആ വിദ്യയുടെ മഹത്വമാണ് ഇതിനെ വെളിപ്പെടുത്തുന്ന വിദ്യയുടെ മഹത്വമാണ് അപ്പൊ ആ വിദ്യ ആണ് അതുകൊണ്ട് ആ വിദ്യയെ സ്വീകരിക്കുന്നവനും പൂജനീയനായിത്തീരും എന്നിങ്ങനെ അതിനെ സ്തുതിക്കുന്നതിനു വേണ്ടി ആ രീതിയിൽ മനസ്സിലാക്കാം ഇങ്ങനെ പല പക്ഷങ്ങൾ പറയുന്നതിന് ഇതുവരെ ബ്രഹ്മവിദ്യയെ വ്യക്തമായി വെളിപ്പെടുത്തിയതിനു ശേഷം പിന്നീടൊരു കഥ പറയും എന്താ അതിന്റെ സാങ്കത്യം അഥവാ ദുർവിജ്ഞയം ബ്രഹ്മേത പ്രദൃശ്യത്തെ ഇനി ഒരുവൻ ഇതിന്റെ ശ്രോതാവ് നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ തത്വം ശ്രവിച്ചിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് എന്താണ് പറയുന്നത് തന്റെ ബുദ്ധിമാന്തി കൊണ്ട് തൻ്റെ ബുദ്ധിമാന്തിയം കൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ നിരാശനാവും ഇപ്പോൾ അയാൾ വിചാരിക്കും എന്താണ് കുറച്ചുകൂടി എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വരുന്നത് അയാൾ നിരുത്സാഹനായി പിന്മാറി പറയുന്നു അതല്ല ഇവിടുത്തെ പ്രധാനമായ വിഷയം അതല്ല എന്താണോ ദുർവിജ്ഞയം ഇത് സ്വദേ ദുർവിജ്ഞയമായൊരു കാര്യമാണ് ഇനി നിനക്ക് ബുദ്ധി ഉണ്ടായാലും ശരി ബുദ്ധി ഇല്ലെങ്കിലും ശരി രണ്ടായാലും ഇത് ദുർവിജ്ഞയം തന്നെ രീതിക്ക് മാറ്റമില്ല അപ്പോ പോരായ്മ നിന്റെ വശത്ത് മാത്രമല്ല ഇതിന്റെ സ്വഭാവമാണ് ദുർവിജ്ഞേയ എന്തുകൊണ്ട് ബ്രഹ്മ വിജ്ദർശ്യത എങ്ങനെ ഏനാഗ്ഞാതയോ അതി തേജസ്വോ വിളേശേനീവ ബ്രഹ്മ വിജിതമന്ത പറയുന്നു ഇപ്പൊ നിന്റെ കുറ്റമുണ്ട ആവർത്തിച്ച് ശ്രവണം ചെയ്തിട്ടും ഈ തത്വം പ്രകാശിക്കാത്തത് ശ്രോതാവിൻ്റെ തകരാറില്ല വിനയോ അഗ്നിയാദയോ അതി തേജസ്സിനോ ദേവാഹ അഗ്നിയാതി ദേവതകൾ വളരെ തേജസ്സികളാണ് അലൗകികമായ ശക്തിവിശേഷങ്ങളുള്ളവരാണ് ഐശ്വര്യശാലികളാണ് അങ്ങനെയുള്ള ദേവന്മാരുകൂടി ക്ലേശേനവ ബ്രഹ്മവിദ്യതവന്ത വളരെ ക്ലേശിച്ചാണ് ഈ തത്വത്തെ അറിഞ്ഞത് എന്നീ കഥയിൽ പറയും അപ്പോൾ ഒരു ശ്രോതാവ് ക്ലേശിച്ചിട്ട് ഇതെന്നെ അറിയാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അതിൽ കൂടുതൽ ക്ലേശം അവർക്ക് വേണ്ടി വരും എന്തുകൊണ്ട് ഒരു ദുർവിജ്ഞയമായ തത്വം അത് സൂക്ഷ്മമാണ് അതീന്ദ്രിയമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ശ്രവിച്ചതിന് ശേഷം ഒരുവൻ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ദേവന്മാരുകൂടി കഷ്ടപ്പെട്ടാണിത് നേടിയതെങ്കിൽ ഒരുവന് കഷ്ടപ്പെടാതെങ്ങനെ നേടാൻ കഴിയും തഥ ഇന്ദ്രോ ദേവാനാം ഈശ്വരോ ഇനി ദേവന്മാരുടെ കാര്യം പോട്ടെ അനേക വിശേഷ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ദേവന്മാരുടെ ദേവൻ ഈശ്വരൻ ഇന്ദ്രൻ അത് സർവ ശക്തി ശക്തിശാലിയാണ് എല്ലാ ശക്തികളും ഉള്ളവനാണ് അങ്ങനെയുള്ള ഈശ്വരനായിരിക്കുന്ന ഈശ്വരോപിസൻ ദേവന്മാരെ അപേക്ഷി മഹത്വമുള്ളവനാണ് യോഗ്യതകളുള്ളവനാണ് അനേക ഗുണങ്ങളുള്ളവനാണ് എന്നിട്ട് കൂടിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ട് തന്റെ അയോഗ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഒരുവൻ നിരാശനാകേണ്ട കാര്യമില്ല താൻ യോഗ്യനായാൽ പോലും ഇത് ക്ലേശത്തിലൂടെ സാധിക്കും ദുർവിജ്ഞയമാണോ ഇനി ചിന്തിക്കാം ഭക്ഷ്യമാണ് ഉപനിഷത്ത് വിധി പരമ്പ ഇനി പറയാൻ പോകുന്ന ഉപനിഷത്ത് ഉപാസ്തി ഉപാസന അതിനെ നിർദ്ദേശിക്കാൻ വേണ്ടി ആകാം പത്മനം ഹിത്തി ഉപ്പാസിതവിയെന്നു പറഞ്ഞ് ഇതിനെ ധ്യാനിക്കാൻ പറയും ബ്രഹ്മധ്യാനത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയാകാം ശ്രവിച്ചു ശ്രവിച്ചിട്ടും ഇത് വെളിപ്പെടുന്നില്ല പറയുന്നു ഇതിനെ ധ്യാനിക്കുക എങ്ങനെ ധ്യാനിക്കണം അത് പറയാൻ വേണ്ടിയാകാം സർവം ബ്രഹ്മവിദ്യ വ്യതിരേഖണ പ്രാണിനാം കർത്തൃത്വദ്യാഭിമാനോ മിഥ്യ ഇത്യേത് ദർശനാർത്ഥം ആഖ്യാപിക്കുക എന്തിനു വേണ്ടി പല പല പക്ഷങ്ങൾ ആചാര്യൻ പറയുകയാണ് എന്തിനു വീണ്ടും കാര്യം കടന്നിട്ട് പിന്നെ കഥയിലേക്ക് വരുന്ന ആദ്യം കഥ പറയുന്നുണ്ട് സാധാരണ എങ്ങനെയാ ചെയ്യുന്ന തത്വത്തെ ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ ഒരു കഥ പറയും കഥയിലൂടെ തത്വത്തെ ബോധിപ്പിക്കും ഇവിടെ അങ്ങനെയാണ് തത്വത്തെ ആദ്യം തന്നെ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് കഥയിലേക്ക് വരുന്നു നീതാർക്കു വേണ്ടി ഇപ്പോ പറയുന്നതിന്റെ താല്പര്യമാണ് എന്താണ് ഈ തത്വത്തെ ശ്രവിക്കുന്നത് പലതരക്കാരാണ് തത്വത്തെ ആർക്ക് ശ്രവിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ അതിൻ്റെ ഫലം യോഗ്യത അനുസരിച്ചിട്ടാണ് ഫലം ആ ശ്രോതാവിൻ്റെ യോഗ്യതയെ അപേക്ഷിക്കും ശ്രവണം അങ്ങനെയല്ല ആർക്കും ശ്രവിക്കാം ആരെയും അതിന് പറ്റത്തില്ല അധികാരിത്വം യോഗ്യത എന്നെല്ലാം പറയുന്നത് ഇപ്പോഴും ഫലത്തെ ആശ്രയിച്ചിട്ടാണ് നീ അതിനധികാരിയല്ലെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം നീ ശ്രവിക്കാൻ പാടില്ലെന്നുള്ളതല്ല സാധാരണ പറയാറുള്ള ഉത്തമൻ മധ്യമൻ അധമൻ എന്നൊക്കെ പറയും അവിടെ പറയുന്നതാണ് നീ അതിനധികാരിയല്ല അവിടെ ഒരിടത്തും പറയുന്നില്ല എന്താണ് നീ ശ്രവണത്തിന് അധികാരിയല്ലെന്നല്ല ശ്രവണത്തിന് സർവരും അധികാരികളാണ് സർവജീവന്മാരും അധികാരികളാണ് പിന്നെ ഇതിന് അധികാരിഭേദത്തെ കൽപ്പിക്കുന്നു ഫലം ത്തിൽ വരുന്ന ഭേദമനുസരിച്ച് അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം ആ ശ്രവണത്തിൽ നിന്നും ലഭിക്കേണ്ടതായ മുഖ്യമായ ഫലം അത് ഉത്തമനായ ശ്രോതാവിനെ ലഭിക്കൂ മധ്യമനായ ശ്രോതാവിനെ സംബന്ധിച്ച് അവിടെ ഫലം കുറയുന്നു അധമനായ ശ്രോതാവിനെ സംബന്ധിച്ച് വീണ്ടും ഫലപ്രാപ്തിക്ക് താമസം വരുന്നു അത് ഫലത്തെ അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് ഞാൻ ഈ തത്വത്തെ ശ്രവിക്കുന്നില്ല ഉപംശത്തിന് ശ്രവിക്കുന്നില്ല എന്നൊരുവൻ സ്വയം കരുതാനോ പറയാനോ പാടില്ല കാരണം അവൻ ഒരവസരത്തെ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് താൻ അധമനാണെന്ന് സ്വയം കരുതിയാലും ശ്രവണം കൊണ്ടവനൊരു നഷ്ടവും സംഭവിക്കുന്നുണ്ട് ഫലത്തിന് കാലവിളമ്പ സംഭവിക്കുമെന്നുള്ളതേ ഉള്ളൂ അവനെ സംബന്ധിച്ചും ഫലമുണ്ടാകും ആ ശ്രവണം തന്നെ അവന്റെ ചിത്തദോഷങ്ങൾ ദൂരീകരിക്കുന്നു ചിത്തശുദ്ധിയുണ്ടാക്കുന്നു അവന് ശ്രവണ സാമർഥ്യത്തെ വർദ്ധിപ്പിക്കുന്നു അവന്റെ മനനശേഷിയെ വർദ്ധിപ്പിക്കുന്നു അവന് ധ്യാനത്തിലുള്ള ദൃഢതയുണ്ടാക്കുന്നു ഇതെല്ലാം അധമനായ ഒരു അധികാരിയിൽ ശ്രവണം കൊണ്ട് സംഭവിക്കുന്നു ചിലരെ അങ്ങനെ പറയും എന്താണോ ആദ്യം കർമ്മം ചെയ്യണം ആദ്യം കർമ്മം ചെയ്തിട്ട് പിന്നെ ചിത്തശുദ്ധി ഉണ്ടാക്കണം ചിത്തശുദ്ധിയൊക്കെ ശേഷം പിന്നീട് ശ്രവിക്കണം ഈ ഒരു കാര്യം ഉണ്ടെന്താണോ അങ്ങനെ ആദ്യം കർമ്മം ചെയ്ത് ആദ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്ന് ആ ചിത്തശുദ്ധിയിൽ ചിത്തശുദ്ധി കൊണ്ട് അവന് ഉത്തമനായി ശ്രവിക്കുമ്പോൾ അവന് ഫലം അനായാസമായി ശ്രദ്ധിക്കുന്നു അത് ശരിയാണ് പക്ഷേ ശ്രവണവും എങ്ങനെയാണോ കർമ്മം ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നത് അതുപോലെ ശ്രവണവും ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ് കർമ്മമല്ലേ പറഞ്ഞിട്ടുള്ളൂ ചിത്തശുദ്ധിക്ക് ശ്രവണം എവിടെ പറഞ്ഞിരിക്കുന്നു ശ്രവണവും കർമ്മമാണ് ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം മനസ്സുകൊണ്ട് ചെയ്യുന്നതും കർമ്മമാണ് ശ്രവണമെന്ന് പറയുന്നത് എന്താണ് മാനസിക വ്യാപാരമാണ് അന്ധകരണത്തിൻ്റെ വ്യാപാരമാണ് അതും മനഃശുദ്ധിക്ക് ഉപകരിക്കുന്നു പലതരത്തിൽ കർമ്മശുദ്ധിക്ക് ഉപകരിക്കുന്നു അങ്ങനെ കർമ്മശുദ്ധിയിലൂടെ മനഃശുദ്ധിക്ക് ഉപകരിക്കുന്നു തത്വഗ്രഹണം കർമ്മത്തിനും ആവശ്യമാണ് കർമ്മം ശരിയായി അനുഷ്ഠിക്കുന്നതെന്ന് മനസ്സിലാക്കിയതാണ് കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിക്കണമെങ്കിൽ അവിടെ തത്വഗ്രഹണം ആവശ്യമാണ് ആ തത്വഗ്രഹണശ്രവണം കൂടാതെ എങ്ങനെ സാധ്യമാണ് തത്വശ്രവണം കൂടാതെ ഒരുവനെങ്ങനെ അറിയും കർമ്മം കൊണ്ട് ചിത്തശുദ്ധിയുണ്ടാകും ചിത്തശുദ്ധിക്ക് ശേഷം ജ്ഞാനം ഇതെങ്ങനെ അവൻ ഗ്രഹിക്കും അതുകൊണ്ട് തത്വശ്രവണം ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് മാറ്റിവെക്കേണ്ട ഒന്നല്ല ഇന്നതിന് ശേഷം ഇന്നത് അങ്ങനെയില്ല ആദ്യം ഭക്തി ഉണ്ടാവുക പിന്നെ തത്വശ്രവണം അങ്ങനെയില്ല ആദ്യം കർമ്മം ഉണ്ടാവുക പിന്നെ തത്വശ്രവണം അല്ല ആദ്യം യോഗം ചെയ്തിരിക്കുക പിന്നെ തത്വശ്രവണം അങ്ങനെ മറ്റെന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നല്ല തിരിച്ചാണ് സംഭവിക്കേണ്ടത് ഏതിനും ആദ്യമായി തത്വശ്രവണം സംഭവിക്കും തത്വശ്രവണം സംഭവിക്കുമ്പോൾ അവിടെ ഫലത്തെ കാലം അപേക്ഷിക്കുന്നു അങ്ങനെ കാണുന്നു അധികാരികളിൽ ഫലം വരുന്നില്ല അങ്ങനെ ഫലത്തിന് താമസം വരുമ്പോൾ ഇവിടെ പറയുന്നെന്താണോ ഉപാസന ഇപ്പം പറഞ്ഞല്ലോ ഉപാസ്തിക്ക് വേണ്ടിയാണ് അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു തത്വബോധം കൊണ്ട് അവൻ മനസ്സിലാക്കുന്നു പോരായ്മന്നതാണ് ആ തത്വബോധത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും അത് ചിത്തശുദ്ധിയുടെ പോരായ്മയുണ്ട് ചിത്ത ഏകാഗ്രതയില്ല മനോമാലിന്യങ്ങൾ തടസ്സമാണോ ചിത്തവിക്ഷേപങ്ങൾ തടസ്സമാണോ ഇതെല്ലാം തത്വബോധത്തിലൂടെയാണ് ഗ്രഹിക്കുന്നത് അങ്ങനെ ഗ്രഹിക്കുമ്പോൾ ആ തത്വശ്രവണത്തിന്റെ ബലത്തിലാണ് പിന്നീട് അവൻ കർമ്മയോഗത്തിലായാലും ഉപാസനകളിലായാലും മറ്റനുഷ്ഠാനങ്ങളിലായാലും അവൻ ഏർപ്പെടുന്നു അതുകൊണ്ടാണ് ഇവിടെ എന്തു ചെയ്തത് ആദ്യം തത്വത്തെ വെളിപ്പെടുത്തി ഇനി അടുത്ത് ഭാഷകാരൻ എന്ന കാര്യം വ്യക്തമാക്കും ആ തത്വത്തെ പരമാവധി വെളിപ്പെടുത്തിയതിനു ശേഷം പറയുന്നു ഉപാസനയെക്കുറിച്ച് അവസാനം കർമ്മത്തെക്കുറിച്ചും പറയും അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് അത് ഫലം കാണുന്നില്ലെങ്കിൽ എന്തു ചെയ്യുക ഈ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ഉപാസന കർമ്മം എന്ത് വേണോ യോഗം ആ പോരായ്മയെ പരിഹരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്താണോ ഞാൻ വേദാന്ത ശ്രവിച്ചവനാണ് തത്വശ്രവിച്ചവനാണ് അതുകൊണ്ട് എനിക്കിനി കർമ്മമില്ല ഉപാസനയില്ല യോഗമില്ല എന്നും ധരിക്കാൻ പാടില്ല ശരിയാണ് തത്വത്തെ ശ്രവിച്ചവന് പിന്നെ ഇതൊന്നുമില്ല എപ്പോ അവൻ തത്വത്തെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ തത്വത്തെ ശ്രവിക്കുകയും തത്വത്തെ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്താൽ എന്താ ഇതെല്ലാം പിന്നെ ശേഷിക്കുന്നു അപ്പോൾ ഇതെല്ലാം പുതിയ രീതിയിലാണ് തത്വത്തെ ശ്രമിക്കുന്നതിന് മുമ്പ് ആ തത്വത്തിൻ്റെ പിൻബലമില്ലെങ്കിൽ കർമ്മം ബന്ധിച്ചുകൊണ്ടിരിക്കും വ്യവഹാരം ബന്ധിച്ചുകൊണ്ടിരിക്കും തത്വത്തിൻ്റെ പിൻബലുണ്ടെങ്കിൽ ആ വ്യവഹാരം തന്നെ ആ വ്യവഹാരമുക്തിക്ക് സഹായിച്ചുകൊണ്ടു വരിക അതാണ് വ്യവഹാരത്തിന്റെ നിഷേധവും വ്യവഹാരത്തിൻ്റെ സാർത്ഥകതയും രണ്ടിനും ഒരുപോലെ പ്രാധാന്യം ഒന്നിനു മാത്രമല്ല നമ്മളൊരു ഭാഗത്തിൽ വ്യവഹാരത്തെ നിഷേധിക്കുമ്പോൾ വേറൊരു ഭാഗത്തിനും ഇവിടെ വ്യവഹാരത്തെ സമർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഭാഷകാരൻ ഇങ്ങനെ പല വികല്പങ്ങൾ പറയുന്നത് ഇന്നതിനു വേണ്ടിയാകാം ഇന്നതിനു വേണ്ടിയാകാം പലതരം ഏത് തരത്തിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ശരി കർമ്മ ഉപാസനകൾക്ക് ഒരധികാരിയെ സംബന്ധിച്ചിടത്തോളം എന്നും നിലനിൽപ്പുണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ് അദ്വൈതത്തെ തല തിരിച്ചു മനസ്സിലാക്കുന്നുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഈ വേദാന്തം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നുമില്ല വേദാന്തം കേട്ടു കഴിഞ്ഞു കർമ്മമില്ല ഉപാസനയില്ല ഭക്തിയില്ല യോഗമില്ല എന്നൊന്നിന്റെ ആവശ്യങ്ങൾ എന്നൊരു തെറ്റിദ്ധാരണ വരുന്നു അതുകൊണ്ട് ആണ് പലരും അദ്വൈതത്തെ ഭയക്കുന്നത് അദ്വൈതം ശ്രവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തലതിരിഞ്ഞു പോകും എന്ന് തന്നെ കരുതുന്നവരുണ്ട് ഭയക്കുന്നവരുണ്ട് അതുകൊണ്ട് പലരും വിവേകമുള്ളവരല്ല അല്ലാത്തവർ പറയും അദ്വൈതം കേൾക്കരുത് അതപകടമുണ്ടാക്കുന്നതാണ് അതെ ശരിയായ അദ്വൈതം അല്ലാതെയാണ് കേൾക്കുന്നതെങ്കിൽ അത് അപകടം ഉണ്ടാകും നമ്മൾ അദ്വൈതത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ് മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അപകടമുണ്ടാക്കും എവിടെ എന്തിനെ നിഷേധിക്കുന്നു എവിടെ എന്തിനെ സമർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നിങ്ങനെ വ്യർത്ഥമായി നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും എത്തിക്കത്തില്ലൊരു പ്രയോജന അതുകൊണ്ടാണോ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഭയക്കുന്നു അദ്വിധം മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വിടും വിട്ടുകഴിഞ്ഞാൽ ആകെ തകരാറാകും കുഴപ്പമായി തീരും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് സ്വാമി ഈ വള്ളിക്കാവിൽ പോയിട്ട് അദ്വൈതം എങ്ങനെയാണ് പറയുന്നത് അവരുടെ കർമ്മം അവരുടെ ഭക്തി എല്ലാം സ്വാമി നശിപ്പിക്കത്തില്ലേ അപ്പോ അവിടെ ശരിയായ അദ്വൈതമായിരിക്കില്ല പറയുന്നത് സ്വാമിയുടെ അദ്വൈതത്തിൽ വെള്ളം ചേർത്തായിരിക്കും പറഞ്ഞു എന്നോട് നേരിട്ട് പല സ്വാമിമാരും ചോദിച്ചിട്ടുണ്ട് കാരണം അവർ ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അദ്വൈതത്തിൽ വെള്ളം ചേർത്താല് കർമ്മവും ഭക്തിയും എല്ലാം നിലനിൽക്കുക എന്നാണ് ഉപാസന എല്ലാം തന്നെ ശരിയായ അദ്വൈതം എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല ഒന്നുകിൽ ശരിയായ അദ്വൈതം അവിടെ പറയുന്നില്ല അല്ലെങ്കിൽ അദ്വൈതത്തെ എന്തോ മറിമായങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതെങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഈ അദ്വൈതത്തെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ അദ്വൈതം മനസ്സിലാക്കിയവർക്കല്ല അദ്വൈതം പ്രസംഗിക്കുന്ന പലർക്കുമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഇവിടെ ഭാഷകാരനത് വളരെ വ്യക്തമായി പറയും എന്താണോ തത്വത്തെ പൂർണമായും വ്യക്തമായും ധരിച്ചതിന് ശേഷവും വീണ്ടും കഥയിലേക്ക് വരുന്നു വീണ്ടും ഉപാസനയിലേക്ക് വരുന്നു എന്തിനു വേണ്ടി അതിൻ്റെ ആവശ്യമുണ്ട് തത്വത്തെ ശ്രവിച്ചു തത്വത്തെ ഗ്രഹിച്ചില്ല ഇനിയും ശേഷിക്കുന്നു അവിടെ ചിലർക്ക് സംശയം തോന്നുന്നു നിങ്ങക്കാർക്കും ഇല്ല വേറെ ആർക്ക ശരി തത്വത്തെ ശ്രവിച്ചു തത്വത്തെ ശ്രവിച്ചു തത്വത്തെ ഗ്രഹിച്ചില്ല ശരി തത്വത്തെ ഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ തത്വത്വത്തിന് വീണ്ടും ശ്രവിച്ചുകൊണ്ടിരുന്ന പോലെ എന്തിനു വീണ്ടും കർമ്മവും ഉപാസനയും എല്ലാം വീണ്ടും എന്തിനേക്ക് പോകണം ഗ്രഹണത്തിനുള്ള തടസ്സം കേവലം തത്വശ്രവണം കൊണ്ട് മാത്രം പരിഹരിച്ചുകൂടെ അങ്ങനെയായാലും നമുക്ക് കർമ്മത്തെയും ഉപാസനയും എല്ലാം അതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചുകൂടെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇത് മാത്രമാണ് ഉപായം ഇതാണ് തത്വശ്രവണം അത് പലരും ചോദിക്കുന്നതിനൊരു പ്രധാന കാരണം ഇത് വളരെ സുഖമുള്ള പണിയാണ് ഇത് എളുപ്പമുള്ളതാണ് എന്നിത് മനസ്സിലാക്കാത്തത് കൊണ്ട് ധരിക്കുന്നതുകൊണ്ടാണ് തത്വശ്രവിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ജോലിയൊന്നും ചെയ്യില്ല ഇത് തന്നെ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഉറങ്ങുക എന്തെങ്കിലും മനസ്സിലാക്കുക മരണം വരെ ഇത് തുടരാമെങ്കിൽ എത്ര സുഖമുള്ള പണിയാണ് അങ്ങനെ തത്വശ്രവണം മാത്രം പരിഹാരമാകുമോ എന്നാ അത് പരിഹാരമാകത്തില്ല തത്വശ്രവണം മാത്രം ഇതിന് പരിഹാരമാകത്തില്ല എന്തുകൊണ്ട് തത്വശ്രവണം സഹായിക്കുക പക്ഷേ തത്വശ്രവണത്തിന് ശേഷവും കർമ്മം ഉപാസന എല്ലാം വിധിച്ചിരിക്കുകയാണ് ആർക്കും വേണ്ടി ഇത് ശ്രവിച്ചവന് വേണ്ടി അപ്പോ ഓരോ രോഗത്തിനും ഓരോ ചികിത്സ എല്ലാ രോഗത്തിനും കൂടി ഒരു മരുന്നില്ല കർമ്മത്തെയും ഉപാസനയെയും എല്ലാം തത്വശ്രവണം സഹായിക്കും പക്ഷെ അതിന് പകരം തത്വശ്രവണ ആകട്ടു എന്തുകൊണ്ട് മനസ്സിന്റെ വിക്ഷേപം മനസ്സിന്റെ ഏകാഗ്രത അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗപരിസീനം മറ്റും പറഞ്ഞിരിക്കുന്നത് അത് അതുകൊണ്ടേ പരിഹരിക്കാൻ പറ്റും അവിടെ അതിൻ്റെ അന്തരംഗമായ സാധനയായിരിക്കുന്നത് അതിൻ്റെ സാക്ഷാത്കാരനുമായിരിക്കുന്നത് യോഗപരിശീലനം പോലുള്ള കാര്യങ്ങൾ അതിന് ബഹിരംഗ സാധനയായിരിക്കുന്നത് തത്വശ്രവണം സാക്ഷാത്കാരത്തെ സംബന്ധിച്ച് അന്തരംഗമായിരിക്കുന്നത് തത്വശ്രവണം ബഹിരംഗമായിരിക്കുന്ന യോഗവും കർമ്മവുമല്ല പക്ഷെ ചിത്തശുദ്ധി പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിന്റെ ഏകാഗ്രത പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ അതിനുവേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതാണ് അവിടെ അന്തരംഗമായിരിക്കുന്നത് ചിത്തശുദ്ധിക്ക് കർമ്മം അന്തരംഗമായിരിക്കും തത്വശ്രവണ അവിടെ ബഹിരംഗമാണ് തത്വശ്രവണത്തിന് നേരിട്ട് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായിത്തീരും ഉപാസനകളും എല്ലാം വ്യർത്ഥമായിത്തീരും അങ്ങനെ വന്നാൽ ചിലർക്ക് സംശയമുണ്ടാവും ഉപാസനയും കർമ്മങ്ങളും ഒന്നും ഇല്ലാതെ കേവലം തത്വശ്രവണം കൊണ്ട് തന്നെ ചിലർ തത്വനിഷ്ഠന്മാരാകുന്നു കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ചരിത്രത്തിലെങ്ങനെയുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു അപ്പം അതിന് സമാനം പറയുന്ന എന്താണോ അതെല്ലാം അവരിൽ സംഭവിച്ചിരിക്കുന്നു എന്നോ എപ്പോഴും എങ്ങനെയോ അത് സംഭവിച്ചിരിക്കുന്നു അവർക്ക് കർമ്മം ശേഷിക്കുന്നില്ല യോഗ ശേഷിക്കുന്നില്ല ഉപാസനകൾ ശേഷിക്കുന്നില്ല അതുകൊണ്ട് തത്വശ്രവണം കൊണ്ട് അവരത് സാധിച്ചു അങ്ങനെയാണെങ്കിൽ പറയും ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരം സമ്മതിച്ചിരിക്കുന്നു താങ്കളും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് തത്വം മാത്രം ശ്രമിച്ചോളൂ സാക്ഷാത്കരിച്ചോളൂ ഒരു വിരോധമില്ല ആരും ആരെയും ബലമായിട്ടൊന്നിനും നിയോഗിക്കുന്നില്ല വേദം പോലും അതവനവനാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെ തീരുമാനിക്കും അതിന്റെ ഫലം തന്നെ കാണണം താൻ വീണ്ടും തത്വ ശ്രവിച്ചതിന് ശേഷവും ഇരുട്ടിൽ തപ്പിത്തടയത് അവിടെ തത്വഗ്രഹണം തന്നെ സംഭവിച്ചിരിക്കണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരി മറ്റെല്ലാം മുമ്പ് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നൊന്നിന്റെ ആവശ്യമില്ല വാമദേവൻ ശ്രുതി പറയുന്നു ഗർഭത്തിലിരുന്നു കൊണ്ട് തന്നെ തത്വത്തെ സാക്ഷാത്കരിച്ചു അങ്ങനെ സംഭവിക്കാം മറിച്ചാണെങ്കിലോ മറിച്ചാണെങ്കിൽ ഓരോ രോഗത്തിനും അതാത് ചികിത്സ തന്നെ വേണം അപ്പൊ ഇതെല്ലാം ആവശ്യമായിട്ട് വരും എന്നാലും ശ്രുതി ആഗ്രഹിക്കുന്നതെന്താണ് എപ്പോഴും പരമമായ തത്വത്തെ വെളിപ്പെടുത്തുക അത് താൻ ഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നില്ലയോ അത് തന്നിലിരിക്കുന്ന കാര്യമാണ് ശ്രോത്ര അധിഷ്ഠിതമാണത് ശ്രോതാവലിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നു ഇങ്ങനെ പല പല വികല്പങ്ങൾ പല പല കാരണങ്ങളുണ്ട് ഇതിനെ ഇങ്ങനെ വീണ്ടും പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് തത്വശ്രവണത്തിന് ശേഷവും തനിക്ക് ന്യൂനത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഘ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി മറ്റുപായങ്ങളെയും സ്വീകരിക്കാം അതാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭക്ഷ്യകാലം പറഞ്ഞെന്താണോ ഭക്ഷ്യമാണോ ഉപനിഷദ് വിധിപരം ആ ി പറയാൻ പോകുന്ന ഉപാസ്ഥി അത് വിധിക്കാൻ വേണ്ടിയുമാകാം എന്നിട്ട് അവസരം പറയുന്നു ശ്രവിച്ചു എന്താ ഇത് പ്രകാശിക്കുന്നില്ല ധ്യാനിക്കുക വീണ്ടും അങ്ങനെ തത്വം പ്രകാശിക്കട്ടെ എന്ന് വീണ്ടും പറയുന്നുണ്ട് അതുകൊണ്ടതിൻ്റെ ഒരു പാക്ഷികമായ ജ്ഞാനമല്ല ഇവിടെ ശ്രുതിന്റെ സമഗ്രമായൊരു ഞാനത്ത് കാണിക്കുകയാണ് അതിന്റെ എല്ലാ വശങ്ങളെയും പറഞ്ഞതുപോലെ എല്ലാ വീക്ഷണങ്ങളെയും ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതിനൊരു സമഗ്രതയുണ്ട് ആ സമഗ്രതയെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തത്വശ്രവണം അത് ഇവിടെ പറഞ്ഞല്ലോ സ്വന്തം ബുദ്ധിമാന്ദ്യം കൊണ്ട് അത് ഗ്രഹണത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ മറ്റുപായങ്ങളെയും ഒരാൾക്ക് സ്വീകരിക്കാം അത് ഈ തത്വബോധത്തിന്റെ വെളിച്ചത്തിലാവുമ്പോൾ കൂടുതൽ ഫലപ്രദമാകും തത്വശ്രവണത്തിന് സെർവരും അധികാരികളാണ് അവിടെ അധികാരഭേദമില്ല ഫലത്തിലേ ഉള്ളൂ അധികാര ഭേദം അതുകൊണ്ട് യഥാദേവാന ജയാദ്യഭിമാന തത്വാദിയഭിമാനോ മിഥ്യേത പ്രദർശനാർത്ഥം വാഖ്യായിക അത്യന്തികമായി കഥയും ബോധിപ്പിക്കുന്ന അതാണ് എന്താണ് സർവം ബ്രഹ്മവിദ്യാവതിരേഖ ബ്രഹ്മവിദ്യ കൂടാതെ ബ്രഹ്മവിദ്യ തത്വം അത് ഏത് സമയം ആവശ്യമാണ് അത് തത്വത്തെ ശ്രവിക്കുമ്പോഴായാലും ശരി കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോഴായാലും ശരി ഉപാസനായാലും ശരി ബ്രഹ്മവിദ്യ ആവശ്യം എന്തിനാ സർവപ്രാണികളുടെയും കർത്തൃത്വാദി അഭിമാനങ്ങൾ അഹന്ത മമത തുടങ്ങിയവ പാരമാർത്ഥികമായെന്താണ് മിഥ്യ അത് വാസ്തവമല്ല എന്ന തത്വബോധം ത്യേത ദർശനാർത്ഥം ഇതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ദേവന്മാർക്കും മറ്റും അത്തരം ഒരു അഭിമാനമുണ്ടായി അഭിമാനം തത്വഗ്രഹണത്തിന് അഭിമാനം അത് പ്രദർശിപ്പിക്കുന്നതിനുവേണ്ടിയാണ് ഈ ആഖ്യായക യഥാദേവാനം ദേവന്മാർക്കും അഭിമാനമുണ്ടാകും ഐശ്വര്യശാലികളാണ് യോഗ്യന്മാരാണ് എന്നിട്ട് കൂടി മായ അവരെയും ബന്ധിച്ചു അഭിമാന രൂപത്തിൽ അതിനെ നിരാകരിക്കുന്നതിനുവേണ്ടി ബ്രഹ്മ യഥോക്തലക്ഷണം പരമ കില ദേവേഭ്യോ അർത്ഥായ വിജി അടുത്തതിനം വ്യാഖ്യാനിക്കുകയാണ് ബ്രഹ്മ ദേവേഭ്യോ വിജിജ്യേ ബ്രഹ്മയഥോക്തലക്ഷണം പറഞ്ഞുള്ള ശ്രോത്ര ശ്രോത്രം മനസ്സോ മനോയത് എന്നെല്ലാം വിശദീകരിച്ചതായ പ്രതിബോധവിദിതം എന്നെല്ലാം പറഞ്ഞതായ ബ്രഹ്മ പ്രത്യേകാത്മാ പരം സർവോപരിയായിരിക്കുന്ന ആ പ്രത്യേകാത്മാവ് അന്തര്യാമി ദേവേഭ്യോ അർത്ഥായ വിധി ദേവന്മാർക്ക് വേണ്ടി പറഞ്ഞല്ലോ ഇനി അടുത്ത് പറയും ധർമ്മത്തിന് വേണ്ടി യുദ്ധത്തെ ജയിച്ചു അത് അന്തര്യാമിയാണ് ജയിച്ചത് ദേവന്മാർക്ക് വേണ്ടി ജയം ലബ്ധവൻ അജയം നേടിയവനായി ദേവാനാം അസുരാണാഞ്ചസംഗ്രാമീൻ ആ ദേവാസുര യുദ്ധത്തിൽ അസുരാൻജിത്വ ആസുരന്മാരെ നശിപ്പിച്ചിട്ട് ജഗത് ആരാധീൻ ഈശ്വര സേതുഭേത്രി ജഗത്തിന് ശത്രുവായിരിക്കുന്നവർ ലോകത്തിന് ശത്രുവായിരിക്കുന്ന അച്രന്മാരെ പറയാണ് ഈശ്വരസ് ഈശ്വര സേതു ഈശ്വരൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന വ്യവസ്ഥ വർണ്ണ ആശ്രമ വ്യവസ്ഥ നമ്മൾ ഈശ്വരസ് ചെയ്തു പലയിടത്തും അത് ശ്രുതി പറയുന്നു നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്ത ആ വർണ്ണത്തെക്കുറിച്ച് ആശ്രമത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് പ്രകൃതി അതിൻ്റെ പരിണാമം ആ പരിണാമത്തിൽ വരുന്ന ഗുണഭേദങ്ങൾ ഗുണഭേദങ്ങൾക്കനുസരിച്ച് വരുന്ന വ്യക്തിഭേദം ആ വ്യക്തിഭേദങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുന്ന സ്വധർമ്മങ്ങൾ അതെല്ലാം അവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് ഭഗവാൻ പറഞ്ഞു എന്താണ് മയാസൃഷ്ടം ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ് ആ ധർമ്മങ്ങൾ ആ ധർമ്മത്തെ നശിപ്പിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത് അത് വ്യക്തികളിൽ തന്നെ ഉണ്ട് ദേവന്മാരും അസുരന്മാരും ഇനി ഗീതയിൽ തന്നെ ചർച്ച ചെയ്ത പോലെ എന്താണോ ദേവാസുര സമ്പത്ത് അങ്ങനെയെടുക്കാം തൻ്റെ അന്ധകരണത്തിൽ തന്നെ ഇരിക്കുന്ന ദേവി സമ്പത്തും ആസുരീ സമ്പത്തും അതിൻ്റെ യുദ്ധം ഉള്ളിൽ നടക്കുന്നു അവിടെ അന്തര്യാമി മ്പത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആ അസുരീ സമ്പത്തുമായിട്ടുള്ള മത്സരത്തിൽ ആ ദേവീസമ്പത്തിനെ വിജയിപ്പിക്കുന്നു അങ്ങനെ എടുക്കും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അന്തരംഗത്തിൽ ഈവ അസുരയുദ്ധം നടക്കുന്നത് അതുപോലെ തന്നെ വ്യക്തികൾ തമിഴ് സമൂഹത്തിലും നടക്കുന്നു അതുകൊണ്ട് രണ്ടു തരത്തിലും അതെടുക്കാം ബാഹ്യമായി ദേവന്മാരും അസുരന്മാരോ യുദ്ധം ചെയ്യുന്നു ആന്തരീകമായി അന്തരംഗത്തിൽ ദേവാസുര സമ്പത്തിന്റെ യുദ്ധം നടക്കും ഇവിടെയെല്ലാം ദേവന്മാർ ജയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജയം കൊടുക്കുന്നത് ആരാണ് അസുരന്മാരെ നശിപ്പിക്കുന്ന ആരാണ് അത് യഥോക്ലക്ഷണം പരമ്പ്രഹ്മ അതിലെ തേനേഷിതം പദ്ധതി പ്രേക്ഷിതം നിയാമകനായിരിക്കുന്ന പ്രേരഹിതാവായിരിക്കുന്ന അന്തരിയാമി അന്തര്യമിയാണ് ഈ ദേവീസമ്പത്തിനെ നിലനിർത്തി വിജയിപ്പിക്കുന്നത് രണ്ടും സൃഷ്ടിയിലുള്ളതാണെങ്കിലും ആ സൃഷ്ടിക്ക് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ഈ അശ്വതി സമ്പത്തിനെ നശിപ്പിക്കണം നശിപ്പിച്ച് ദേവീസമ്പത്തിനെ ആശ്രയിക്കണം അതുകൊണ്ട് ആ സൃഷ്ടികർത്താവ് തന്നെ എന്ത് ചെയ്യുന്നു ഒന്നിനെ നിലനിർത്തുന്നു മറ്റൊന്നിനെ നശിപ്പിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ദയം തദ്ശ് ആ യുദ്ധത്തിൽ ഫലം കൊടുത്തത് ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ സാധനയുടെ ഫലം ഈശ്വരാനുഗ്രഹമാണ് എന്ന് കരുതിയില്ലെങ്കിൽ അവൻ അഭിമാനമുണ്ടാകും അഹന്തയും മമതയും ഉണ്ടാകും കേവലം പൗരുഷമാണിതെല്ലാം തനിക്ക് നൽകുന്നതെന്ന് അവൻ കരുതും ഈശ്വരപ്രസാദത്തെ അവൻ വിസ്മരിക്കും അത് വരാൻ പാടില്ല ഒന്നും തന്റെ സാമർഥ്യം കൊണ്ടല്ല തൻ്റെ സമ്മർദ്ധ്യം തന്റെ സാമർഥ്യമാണെന്നുള്ള അഹംബോധം അതിന് തടസ്സമാണ് അതാണ് ഇല്ലാതാകേണ്ടത് അപ്പം അഹംബോധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ ഈശ്വരനെ സ്മരിക്കണം ദേവന്മാരത് ചെയ്തില്ല അവർ വിജയിച്ച തന്റെ സാമർഥ്യം കൊണ്ടാണെന്ന് കരുതി പക്ഷേ തന്റെ സുസ്ഥുതിക്ക് വേണ്ടി അല്ലെങ്കിൽ ജഗതഹസ്ത്യമിനെ ജഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈശ്വരനാണത് പ്രവർത്തിച്ചത് ഈശ്വരാണ് ഈശ്വരനാണ് ഈ അസുരന്മാരെ അതിൽ പിന്നെ താനന്ദന് അതിന്റെ കളത്തൃത്വം ഏറ്റെടുക്കണം താനന്ദൻ വൃധാ അതിൽ അത് പാടില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി ആണീ കഥയെന്നാണ് അപ്പോ പലരും ഇത് സൂചിപ്പിക്കുന്നത് ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ ഞാൻ അടുത്തത് വ്യക്തമാക്കും പലതരത്തിലുള്ള അഭ്യാസങ്ങളും സാധനങ്ങളുമെല്ലാം തന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നു അവിടെയെല്ലാം ഒരു തരത്തിലുള്ള അഭിമാനം കാത്തുസൂക്ഷിക്കും താൻ ഒരു സാധകനാണ് താൻ വളരെ സമർത്ഥനായൊരു സാധകനാണ് താൻ ധാരാളം പ്രയത്നിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അഹംഭാവം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും അത് നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥ ആ അഹംഭാവം തൻ്റെ വിജയത്തിലും തടസ്സമായി തന്നെ നിലനിൽക്കും എന്നാ പുരോഗതിക്ക് തടസ്സമായി തന്നെ നിലനിൽക്കും അത് ഭാവിയിൽ പരാജയത്തിന് വഴി വയ്ക്കും കൊണ്ടത്തരൊരഹംഭാവം പാടില്ല അല്ലെ ഒരാൾ നമുക്കറിയാം കൂടുതൽ സമയം ധ്യാനിക്കുകയാണെങ്കിൽ ആകാ ധ്യാനത്തിൽ അഭിമാനം വരും ഞാൻ കൂടുതൽ സമയം ധ്യാനിക്കുന്നവനാണ് അതിൽ സ്വയം ശ്രേഷ്ഠതന്നെ കുറിച്ച് തന്നെ വിചാരിക്കുന്നു ഞാൻ പത്തുമണിക്കൂർ ധ്യാനിക്കുന്നവനാണ് അവൻ രണ്ട് മണിക്കൂറെ ധ്യാനിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ എ പിൻ മോശക്കാരനാണ് ഇങ്ങനെ സ്വയം അഭിമാനിച്ച് സന്തോഷിക്കും കേവലമായ അഭിമാനത്തിലായാൽ സന്തോഷിക്കും താൻ ശ്രേഷ്ഠനായ സാധകനാണെന്ന് സ്വയം വിചാരിക്കും ജപിച്ചാൽ അതുപോലെ താൻ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ജപിച്ചു കഴിഞ്ഞാൽ അതിലഭിമാനിക്കും എനിക്കത് അങ്ങനെ ജപിക്കാൻ കഴിയുന്നുണ്ട് മറ്റവനു കഴിയുന്നില്ല അവൻ മോശമാണ് ഞാൻ ശ്രേഷ്ഠനാണോ അങ്ങനെ എൻ്റെ ഓരോ സാധനങ്ങളിലും തനിക്ക് അഭിമാനം വരും അതുകൊണ്ട് പലരും പറയാറില്ല സ്വാമി എന്തായാലും ജപവും ധ്യാനവും ഒന്നും ഇപ്പം ചെയ്ത് കാണുന്നില്ല അത് പഴയ കാലത്തായിരുന്നു അതെന്തൊരു ധ്യാനമായിരുന്നു ജപമായിരുന്നു അഭിമാനമാണ് പഴയ കാലത്ത് ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് ഒരുപാട് ജപിച്ചിട്ടുണ്ട് പിന്നെന്താ ഇപ്പൊ വിട്ടുപോയത് ജപവും ധ്യാനവും ഒക്കെ അതെല്ലാം ആയിക്കഴിഞ്ഞു അതിന്റെ അതിന്റെ കാലം കഴിഞ്ഞു ജപത്തിന്റെയും ധ്യാനത്തിന്റെ ഒക്കെ കാലം കടന്നുപോയി വൃതാഭിമാനം സാധനയിലുള്ള അഭിമാനം ഇത് കടന്നുകൂടും അറിയാതെ തന്നെ കടന്നു കൂടും പിന്നെ അവരിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കും പഴയ മിലിട്ടറി കാറെ പോലെ ഇപ്പോ തോക്കും കുന്തമൊന്നും കയറ്റില്ല പക്ഷെ പണ്ടതുണ്ടായിരുന്ന കാലത്ത് വലിയ പരാക്രമിയായിരുന്നു കണ്ടവരാരും അതുപോലെ സ്വന്തം സാധനയെ കുറിച്ച് അഭിമാനം വരുന്നോണ്ടാണ് ഭൂതകാലത്തായ വിറക്കുന്നു പണ്ടു വലിയ സാധനയായിരുന്നു പ്രസിദ്ധനായി എന്ന് സ്വയം കരുതുന്നത് സാധനസ്വാമിമാരെല്ലാം പറയാറുണ്ട് നിങ്ങളാരും ഇല്ല അപ്പോൾ ഇതെല്ലാം കേവലം അഭിമാനത്തിന്റെ മിഥ്യാപ്രകടനങ്ങളാണ് ഇത് വരാൻ പാടില്ല സാധനയെക്കുറിച്ച് പറയും ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അധർമ്മത്തെ തോൽപ്പിക്കുക ജയിക്കുക അതിൽ മുന്നേറുക എന്നൊക്കെ പറയുന്നത് ആന്തരികമായ സാധനങ്ങളാണ് തന്റെ ആശ്രീ ഗുണങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു കുറേയൊക്കെ നശിപ്പിച്ചു അത് നിഷ്പ്രയോജനമായി തീരുന്നു എന്തുകൊണ്ട് അതിൽ അഭിമാനം വന്നുപോയി സാധനയിൽ അഭിമാനം വന്നുപോയി സാധനയിൽ അഭിമാനം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും മറ്റുള്ളവർ കാണൊക്കെ അതൊക്കെ ചെയ്യുന്നു മറ്റുള്ളവർ കാണൊക്കെ ധ്യാനിക്കണം മറ്റുള്ളവർ കാണൊക്കെ ജവിക്കണം ആരും കാണാതെ ഏതെങ്കിലും ഒഴിഞ്ഞ മുല്ലയിലിരുന്ന് ജവിച്ചു കഴിഞ്ഞാലോ ധ്യാനിച്ചാലവർക്ക് സമാധാനം വരട്ടില്ല യാദൃച്ഛ്യമായിട്ടെങ്കിലും ആരെങ്കിലും കാണത്തക്ക ഒരു സ്ഥലത്ത് പോയിരുന്നു ധ്യാനിച്ചാൽ താൻ ധ്യാനിക്കണമെന്നവനാണെന്നുള്ള ഒരു പേര് കിട്ടത്തുള്ളു നാളെ ജനം പറയണ്ടേ ഇയാൾ കുറെ ധ്യാനിച്ചിട്ടുള്ളവനാണ് ഇയാൾ ടെൺകണക്കിന് ധ്യാനിച്ചയാളാണ് ഇത് പറയണ്ടേ അതിനുവേണ്ടി പത്ത് കണ്ട മുമ്പിൽ ഇരുന്ന ധ്യാനിക്കുക എല്ലാം അഭിമാനമാണ് എല്ലാം പിന്നുകൾ തീർച്ചയായും അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് അവർക്ക് ആത്മാർത്ഥ ഉണ്ടായി അതായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവിടെ സൂക്ഷ്മമായി തന്നെ അഭിമാനം എങ്ങനെ ബന്ധിക്കുന്നു അത് തിരിച്ചറിയുന്ന വിവേകം അതുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് വീഴ്ച സംഭവിക്കുന്നു അതാണിവിടെ പരമയോഗ്യന്മാരായ ദേവന്മാർക്ക് പറ്റി ഐശ്വര്യശാലികളായ ദേവന്മാർക്കും പറ്റിയത് അവർ പലതും നേടി പക്ഷെ ആ നേട്ടത്തിൽ അവർ അഭിമാനിച്ചു പക്ഷെ ഇതെല്ലാം ചെയ്തതാര് ഈശ്വരനാണോ ഇവന്റെ ശ്രേയസിനു വേണ്ടി ഇവൻ്റെ പരമശ്രേയസിനു വേണ്ടി ഇവന് വേണ്ടി ഈശ്വരനാണെല്ലാം ചെയ്തു യവനല്ല ധ്യാനിച്ചത് ഈശ്വരനാണ് ധ്യാനിച്ചത് യവനല്ല ജപിച്ചത് ഈശ്വരനാണ് ജപിച്ചത് അന്നവനറിഞ്ഞു ഇതെല്ലാം മിഥ്യയായി തന്നിൽ ആരോപിച്ചു തൻ്റെ അഹംഭാവത്തിൻ്റെ സൃഷ്ടിയായി വ്യർത്ഥമായി അഭിമാനിച്ചു ഇവന്റെ നന്മയ്ക്കത് ആവശ്യമാണ് ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ ലോകത്തിന്റെ നന്മയ്ക്കത് ആവശ്യമാണ് ജഗതമ്മിനെ ജഗത്തിൻ്റെ സ്ഥിതിക്ക് ഈ ദൈവീസമ്പത്ത് നിലനിൽക്കണം അല്ലെങ്കിലെല്ലാം നശിച്ചു ശ്രുതി തന്നെ പറയുന്നതാണോ ഈശ്വരൻ ഇവിടെ ചില വേലിക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിനെങ്ങനെ നിലനിർത്തണം ധർമ്മത്തിനൊരു ബലം കൊടുത്ത് നിലനിർത്തണം അധർമ്മം ഇവിടെ നന പക്ഷെ ധർമ്മത്തിന് ബലം കൊടുത്ത് നിലനിർത്താൻ വേണ്ടി ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി വച്ചിട്ടില്ല അത് ഭേദിക്കാൻ ശ്രമിക്കുന്നവരാണ് അസുരന്മാരെന്ന് പറയുന്നത് അധർമ്മത്തിന് ശക്തി കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ആസുരന്മാർ കീഴ്പ്പെടുത്താൻ ഈ ധർമ്മത്തിന്റെ വ്യവസ്ഥകളെ ഏർപ്പെടുത്തി ഈശ്വരനെ കഴിയും ജീവൻ അതിന് കഴിയുക ഈശ്വരൻ പ്രവർത്തിക്കും അപ്പോൾ അധർമ്മത്തെ കീഴ്പ്പെടുത്താൻ നശിപ്പിക്കുകയല്ല അതിന് കീഴ്പ്പെടുത്തി വയ്ക്കും എന്തിന് ഈ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവന് നോക്കിയും കണ്ടു എല്ലാം മുന്നോട്ട് പോകുന്നതിന് ഇതും വേണം അധർമ്മവും വേണം ചോദിക്കും എന്താ ഈശ്വരനെ ഈ ധർമ്മത്തെ മാത്രം നിലനിർത്തിയ പോലെ അതുപോലെ കള്ളനും പോലീസും രണ്ടും വേണം അതിനുവേണ്ടി ഇവന് വേണ്ടി തന്നെ ഇതിനെയും നിലനിർത്തിയിരിക്കുന്നു ഇവന് മുന്നേറുന്നതിനു വേണ്ടി തന്നെയാണ് ഈ തടസ്സങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്നു വിഘ്നങ്ങളെ മുന്നിൽ വെച്ചിരിക്കുന്നു അതിനെ മാറ്റി മുന്നേറുന്നു അവിടെയാണ് അവന്റെ പൗരുഷത്തിന്റെ ആവശ്യം പക്ഷെ അതിനവൻ അഭിമാനം പാടില്ല ഇതെല്ലാം ആത്യന്തികമായി സർവ്വതും അന്ത്ജിയാമിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ബോധം വേണം ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ താൻ ജപിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തൻ്റേതല്ല എന്നുള്ള ബോധം വേണം പക്ഷെ അതിവിടെ ദേവന്മാർക്കുണ്ടായി അവരഭിമാനിച്ചു അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈശ്വരൻ പ്രകടമാകുന്നു തസ്യഹ അടുത്തു പറയുന്നു ബ്രഹ്മേ തസ്യേ ദേവ അമഹീയന്ത്യ ബ്രഹ്മണോ വിജയേ ആ ബ്രഹ്മത്തിന്റെ ജയത്തിൽ അവിടെ അധർമ്മത്തെ കീഴ്പ്പെടുത്തി ധർമ്മത്തെ വിജയിപ്പിച്ചവരാണ് ബ്രഹ്മമാണ് പക്ഷെ ദേവ അഗ്നിയാദേഹീയന്ത അവരഭിമാനിച്ചു എന്തുകൊണ്ട് അവർ സ്വയം അവരെ മഹത്വപ്പെടുത്തിയെന്നാണ് പറയുന്നില്ലേ നമ്മൾ പറയാറ് ജപിച്ചു ധ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ വരെ മഹത്വപ്പെടുത്താറില്ലേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ദേവന്മാരും അത് ചെയ്തത് അവരെ വരെ മഹത്വപ്പെടുത്തി അത് ഒരു സാധകന്റെ ദുർബലതയാണ് നമ്മൾ ശ്രേഷ്ഠമെന്ന് കരുതി നമ്മൾ വെളിപ്പെടുത്തുന്ന കാര്യം വാസ്തവത്തിൽ തന്റെ ഒരു ദുർബലതയാണ് എന്താണ് തന്നെ മഹത്വപ്പെടുത്തുന്നത് ഞാനത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ ധ്യാനിച്ചിട്ടുണ്ട് ജപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്നിൽ വിശേഷതകളുണ്ട് എന്നിൽ യോഗ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ ഒന്ന് പ്രത്യേകിച്ച് പരിഗണിക്കണം ബഹുമാനിക്കണം എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ സ്വയം മഹത്വപ്പെടുത്താൻ അതാണ് അഗ്നിയാത അമഹീയത്വം അവരവരെ തന്നെ മഹത്വപ്പെടുത്തി എല്ലാവരും ചെയ്യുന്ന കാര്യം ഇത് ദൈവത്തിന് പിടിച്ചില്ലെന്നാണ് ഈ മഹത്വപ്പെടുത്തൽ അത് പിടിക്കത്തില്ല കാരണം ഇതാരാ അവരെ മഹത്വപ്പെടുത്തി ഈ സാധകനെ മഹത്വപ്പെടുത്തുന്ന ആരാണ് ഈശ്വരനാണ് അതിൻ്റെ കടുത്ത അവൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ താനാണിത് ചെയ്തതെന്ന് കരുതുക അത് ശരിയാകില്ല മഹത്വപ്പെടുത്തുക മാത്രമല്ല അവൻ അവനെ മഹത്വപ്പെടുത്തിവയ്ക്കു മഹിമാനം പ്രാപ്തവന്ത അവനൽ മഹിമ വന്നുചേർന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പൂജനീയനായി ലോകം അവനെ ആദരിച്ചു ബഹുമാനിച്ചു അവൻ്റെ തപസ്സും ജ്ഞാനവും ഭക്തിയും യോഗവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ലോകമന്ത് അവൻ ബഹുമാനിക്കും മഹത്വം അവന് വന്നു ചേരും വന്നു ചേരുമ്പോൾ വീണ്ടും അവൻ കൂടുതൽ അഭിമാനിക്കും പിന്നെ അവന് ആധപ്പതനം ഉണ്ടാവും പുണ്യമുണ്ടെങ്കിലോ ഈശ്വരൻ അവനെ രക്ഷപ്പെടുത്തും ഓ ഇത്രയുമെല്ലാം ഇവർ യുദ്ധം ചെയ്തു ആശുപത്രി സമ്പത്തിനെതിരായി യുദ്ധം ചെയ്തു അവൻ്റെ പൗരുഷത്തെ ആശ്രയിച്ച് തന്നെ അവൻ യുദ്ധം ചെയ്തു ആശ്രമം അവന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് പരമാർത്ഥമാണ് അവൻ പലതും അനുഷ്ഠിച്ചു പറയുന്ന പരമാർത്ഥമാണ് പക്ഷേ അതെല്ലാം അവൻ്റെ കേവലമായ അഭിമാനം കൊണ്ട് അവനെ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ ഈശ്വരൻ ഇടപെട്ടു എന്നാണ് ഇനി അവൻ നശിക്കാൻ പാടില്ല പ്രാപ്തവന്ത അഭിമാനം പ്രാപ്തവന്ത ആ ഒരു ഘട്ടത്തിലാണ് ലോകപൂജയും ബഹുമാനവും ആദരവും പ്രശസ്തിയും സമ്പത്തും എല്ലാം വന്നുചേരുന്നു നശിക്കേണ്ട സന്ദർഭത്തിൽ അതുവന്നോ താത്മന ഈശ്വര സർവ്വകരിോജാണി ശക്തി ജഗത്ത സ്ഥിതിഷോ അയം ജയോ മഹിമാേത് അജാനന്ദവന്തോ അഗ്നി ആദിസ്വ പരിച്ഛി ആത്മകൃതോ महिमा, दे। ते देवा ജയഫലഭൂതോ അഭിഭരനുഭൂയസ്മാഭൂതമഹീയന്ത അവർ സ്വയം പൂജിതരായി മഹത്വത്തെ പ്രാപിച്ചവരായി അവരെ മറ്റുള്ളവർ പൂജിച്ചു ഈ ഒരു സന്ദർഭത്തിൽ തേച്ച അസ്മാകമേവായം ചെയ്യൂ അവിടെ അവർ കരുതി അവർ ചിന്തിച്ചു ഇതെല്ലാം അസ്മാകമേവായം ചെയ്യോ ഈ വിജയം നമ്മുടേതാണോ ഈ അസുരജയം ഞാൻ നേടിയതാണോ എന്റെ സാധനയുടെ ഫലമാണ് ഈ സിദ്ധി അസ്മാകമേവായും വിജയോ അസ്മാകമേവായും മഹിമ ഇതെന്റെ മഹിമയാണ് അന്തര്യാമിയെ വിസ്മരിച്ചു എന്നാണ് അത് നോക്കുക ഇത് വളരെ തീവ്രമായ സാധനയൊക്കെ ചെയ്തു ഉയർന്ന നിലയിൽ ഒരുവിന്റെ കാര്യം പറയുകയാണ് ദേവനന്ദൻ മറ്റും പറയുന്നവർ സാധാരണക്കാരനല്ല അലൗകികമായ ഐശ്വര്യ യോഗം ഉള്ളവരാണ് ആ നിലയിലാണ് അവർക്ക് അഭിമാനം വന്നത് അവിടെയും വരാനായി അഭിമാനം ഒന്നാണ് തസ്യഹകില ബ്രഹ്മണോ വിജയേ ദേവ അഗ്ഞാതയോ അമഹീയന്തം അഭിമാനം പ്രാപ്തമന്ത് എന്താണ് സംഭവിച്ചത് ആത്മസംസ്ഥ്യ തമ്മിൽ തന്നെയിരിക്കുന്നവൻ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നവൻ ആത്മസംസ്ഥനായിരിക്കുന്നവൻ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ പ്രത്യേകാത്മനഹ ഈശ്വരഹ പ്രത്യേകാത്മാവായ ഈശ്വരൻ അവൻ്റെ തന്നെ ഉള്ളിലിരുന്നുകൊണ്ട് അസുരന്മാരെ ജയിച്ചവൻ സർവജ്ഞ അവന് ഇവൻ്റെ യുദ്ധത്തെ അറിയുന്നുണ്ട് ഇവൻ്റെ വിജയത്തെ അറിയുന്നുണ്ട് അതിനെ തുടർന്ന് വന്ന് ഇവന്റെ അഭിമാനത്തെ അറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സർവജ്ഞൻ ഇതെല്ലാം അറിയുന്നു സർവക്രിയാഫലസംയോജീ തൊഹു അവനാണോ അവന്റെ ഈ കർമ്മങ്ങളെയും ഇവന്റെ ഈ ഫലത്തെയും ബന്ധിപ്പിച്ചത് അവന്റെ കർമ്മം എന്താണോ ഇവന്റെ സാധനകൾ ഈ ആശുരി സമ്പത്തിനെ ജയിക്കാൻ വേണ്ടി അവൻ ചെയ്ത അതാണ് ഇവന്റെ ക്രിയകൾ അതിന്റെ ഫലം ആയി അവനിൽ വന്നുചേരുന്നതാണ് ഈ മഹത്വമല്ല മഹിമാനം പ്രാപ്തമുണ്ടാന്ന് പറഞ്ഞു അവനോട് വന്നുചേർന്ന ഐശ്വര്യ യോഗം ദേവനോട് വന്നുചേർന്ന ഐശ്വര്യ യോഗം അണിമാദികൾ വരെ അവരിൽ വന്നുചേരുന്നു ഈ ദേവന്മാരും ജീവന്മാരായും ഇവിടെ ചെയ്ത സാധനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ഈ ദേവത്വപ്രാപ്തി വന്നത് അത് ആരായത് അവന് കൊടുത്തത് സംയോജ് ക്രിയെയും ഫലത്തെയും സംയോജിപ്പിക്കുന്നവൻ ഈശ്വരൻ അവന് സംയോജിക്കാൻ സാധ്യമല്ല സംയോജിപ്പിക്കാൻ അവൻ സാധ്യമില്ല അവന് കർമ്മം ചെയ്യാനേ പറ്റും ഫലത്തെ നേടാൻ അവന് കഴിയില്ല സർവപ്രാണിനാം സർവപ്രാണികൾക്കും അന്തര്യാമിയാണ് ഫലത്ത് കൊടുക്കുന്നത് വന്റെ സാധനയ്ക്ക് ഫലത്തിൽ നൽകിയത് ഈശ്വരനാണോ സർവശക്തേ സർവശക്തൻ അതിനുശേഷിയുള്ളവനാണെന്നാണ് കാരണം നമ്മളുമുമ്പ് ചർച്ച ചെയ്താണ് ഫലം തന്റെ നിയന്ത്രണത്തിലല്ല കർമ്മത്തെയും ഫലത്തെയും സംബന്ധിച്ചുള്ള ഈശ്വരന്റെ നിശ്ചയത്തെ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഈശ്വരന്റെ നിയമം അനുസരിച്ചാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തനിക്ക് ഫലത്തിൽ സ്വാതന്ത്ര്യമില്ല ആ ഫലത്തെ ഈശ്വരൻ തന്നെ കൊണ്ടുപറഞ്ഞു അവന് പറഞ്ഞ് സർവശക്തനാണ് അതിനുള്ള ശക്തി ഉള്ളവനായ അവൻ ജഗതഹ സ്ഥിതി ചികിത്സോഹു ഈ ലോകത്തിന്റെ സ്ഥിതിയെ ചികിത്സിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞല്ലോ മുമ്പ് സേതുഭേത്ര ശ്രമധർമ്മ വ്യവസ്ഥ ധർമ്മവ്യവസ്ഥ അതാണ് ഈ ലോകത്തിന്റെ സ്ഥിതിക്ക് കാരണമായിരിക്കുന്നത് അ ശരിയായ രീതിയിലുള്ള ദക്ഷിച്ച വർണ്ണവ്യവസ്ഥ അല്ല പറയുന്നത് ലോകത്തിന്റെ സ്ഥിതിക്ക് കാരണമായ ഗുണപരിണാമങ്ങൾ അനുസരിച്ച് നിൽക്കേണ്ടതായ ഒരു വ്യവസ്ഥയുണ്ട് സത്വത്തെയും രജസനെയും തമസനെയും എല്ലാം ആശ്രയിച്ചിരിക്കുന്ന ആ വ്യവസ്ഥ ആ വ്യവസ്ഥക്കനുസരിച്ചാണ് ജഗത്തിന്റെ സ്ഥിതി മറിച്ചാണെങ്കിൽ നാശം ചികിത്ഷോഹോ അങ്ങനെയുള്ളവനായ ഈശ്വരൻ്റെതാണ് അയം ജയഹ ഈ ജയം ഈശ്വരൻ്റെതാണ് അച്ഛര ജയം ഈശ്വരനാണ് ആ മഹത്വം ഈശ്വരന്റേതാണ് തന്റേതല്ല താൻ പ്രാപിച്ചതല്ല ഈശ്വരൻ കൊണ്ടുവന്നതാണ് ഈ പറയുന്ന മഹത്വവും എല്ല മഹാത്മാക്കളിലുണ്ട് ജയമുണ്ട് അവരിൽ മഹത്വമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരിൽ എങ്ങനെ എത്തി ഈശ്വരനെത്തിച്ചതാണ് അതിൽ അവർക്ക് അഭിമാനം അതുകൊണ്ടാണ് അവരിൽ അത് ദോഷത്തെ ഉണ്ടാക്കുക ധനം കീർത്തി മഹത്വം ഇതൊന്നും മഹാത്മാക്കൾക്ക് ദോഷം ചെയ്യുന്നു എന്തുകൊണ്ട് അതിലവർക്ക് അഭിമാനമില്ല അതിനവിടെ എത്തിച്ചേർത്തത് ഈശ്വരനാണെന്ന് അവർ തിരിച്ചറിയുന്നു മറിച്ചാണെങ്കിലോ അവനിൽ മഹത്വമില്ലെങ്കിൽ അത് അവന് ദോഷം ചെയ്യും പക്ഷേ ഇത് ദേവന്മാർ കൂടി അത് തിരിച്ചറിഞ്ഞില്ല അയം ജയോ മഹിമാ അജാനന്ദ അതവർ തിരിച്ചറിഞ്ഞില്ല തേയ്വാഹന്തവമന്ത അവരെന്ത് കരുതി അഗ്നി ആദി സ്വരൂപ പരിച്ഛിന്നാത്മകടത്തോ അവർക്ക് അവരിന്നറ ജാതവേദസ്സാണ് ഞാൻ ജാതവേദസ്സാണ് വേറെ ആൾ പറയും ഞാൻ മാതൃശ്വാണോ അങ്ങനെ പരിഛിന്നമായ അഭിമാനത്തോടു കൂടിയവർ ഇത്രയും മഹത്വത്തെ പ്രാപിച്ചവരാണെങ്കിലും അവരിൽ പരിച്ഛിന്ന അഭിമാനം ശേഷിച്ചിരുന്നു ഏതുപോലെ ഒരുവനഭിമാനിക്കുന്നു ഞാൻ സാധകനാണ് ഞാൻ ബ്രഹ്മചാരിയാണ് ഞാൻ സ്വാമിയാണ് ഞാൻ ഗുരുവാണ് ഞാൻ ആചാര്യനാണ് ഞാൻ അറിവുള്ളവനാണ് ഈ തരത്തിലുള്ള അഭിമാനം മഹത്വമായ സ്ഥാനങ്ങളെയാണ് അവർ പ്രാപിച്ചിരിക്കുന്നതെങ്കിലും കുറവ് പുണ്യം കൊണ്ട് വീണ്ടും അതിലഭിമാനം വരുന്നു അത് ഇത്തരത്തിൽ എങ്ങനെ അഗ്നി ആദി അഗ്നി വായു ഈ തരത്തിലുള്ള അഭിമാനം അഗ്നി വായു തുടങ്ങിയ ഗുണങ്ങളിലുള്ള അഭിമാനം അതിനുള്ള ശ്രേഷ്ഠതകളിലുള്ള അഭിമാണ് പരിച്ഛനാത്മകൃതവും അതുകൊണ്ട് അവരെന്ത് ചെയ്തു അസ്മാകമേവ വിജയോ ഇത് ഞങ്ങളുടെ സ്വന്തമാണ് ഈ വിജയം എന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഞാൻ നേടിയെടുത്തതാണ് അസ്മാകമേവ അയ മഹിമ അത് സത്യമാണ് അവൻ പരിശ്രമിച്ചിട്ടാണ് അവന് വന്നത് അവൻ നേടിയത് തന്നെയാണ് പക്ഷേ അതിന് ഈശ്വരൻ്റെ ഒരു പങ്കുണ്ട് അതിനെ വിസ്മരിച്ചു അത്രയുള്ളൂ അവൻ പരിശ്രമിക്കാതെ വന്നതെന്നല്ല പറയുന്നു മഹത്വം തൻ്റെ സാധനയുടെ ഫലമല്ലെന്നല്ലേ പറയുന്നു അതിന് സാധന കൂടിയേ തീരും പക്ഷെ അതിൽ ഈശ്വരന്റെ പങ്കിനെ പരിസരിച്ചു മഹിമ അഗ്നി വായു ഇന്ദ്രാതിലക്ഷണോ എന്താണ് അഗ്നി വായു ഇന്ദ്രൻ ഈ തരത്തിൽ അഭിമാനിച്ചോ ജയഫലഭൂതോ അസ്മാഭിരനുഭൂയതേ ന അസ്മ പ്രത്യേകാത്മഭൂത ഈശ്വരകൃത്ത ഞാൻ അഗ്നിയായ ഞാൻ വായുവായ ഞാൻ ഇന്ദ്രനായ ഞാൻ ഇതെല്ലാം നേടി അങ്ങനെ പരിച്ഛന്നാത്മായി തന്നെ താൻ ജയഫലഭൂതോ ഈ ജയമാകുന്ന ഫലം അതിന് നിമിത്തം ഞാനാണ് അസ്മാഭിരനുഭൂതിയതേ അതുകൊണ്ട് ഞാൻ ഈ അനുഭവിക്കുന്ന സിദ്ധികളെല്ലാം എൻ്റെ തന്നെ പരിശ്രമ ഫലമാണ് എന്നിവരെല്ലാം അഭിമാനിച്ചു അസ്മന്ത് പ്രത്യേകാത്മഭൂതീശ്വര തന്റെ തന്നെ പ്രത്യേകാത്മാവായിരിക്കുന്ന സർവാന്തര്യാമിയായിരിക്കുന്ന താണിത് എന്നവൻ അറിഞ്ഞില്ല കേവല അഭിമാനത്തിന് കീഴ്പ്പെട്ടുപോയി ഇങ്ങനെ ദേവന്മാർ അഭിമാനിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഈശ്വരൻ അവരെ അഭിമാനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് അവരിലിരിക്കുന്ന അഭിമാനത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഈശ്വര മഹാത്മ്യത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി അതുവരെ അവർ ബോധ്യപ്പെട്ടിരുന്ന അവരവരുടെ മഹാത്മ്യം അത് സ്വന്തം മഹാത്മ്യമല്ല ഈശ്വരൻ്റെ മഹാത്മ്യമാണ് എന്നവരെ ത്തെ പ്രകാശിപ്പിച്ചതിന് ശേഷം ആ തത്വത്തിന്റെ ശ്രവണത്തിന് ശേഷം ഒരുവനും ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെ വരാം ഏത് സാധനയ്ക്കും ഫലമുണ്ടാകും ആ സാധനയുടെ മഹത്വം അനുസരിച്ച് ഫലവും മഹത്വം ഉള്ളതായിരിക്കും അത് ഒരുവന് സ്വാഭാവികമായി സംഭവിക്കും ഈശ്വരന്റെ നിയമം അനുസരിച്ച് സംഭവിച്ചു തന്നെ തീരും പക്ഷെ അത് സംഭവിച്ചാലും ഒരുവൻ വീണ്ടും അത് പതിക്കാം അതിലവന് അഭിമാനം വരാം അവിടെയും ഈശ്വരൻ ഇടപെടുന്നു അവനെ രക്ഷപ്പെടുത്തുന്നു അതാണ് ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നതെന്നാണ് ഭാഷകാരൻ പറയുന്നത് देवा अमही ते विजयो ഹീയന്തേന്ദിമേതി തേ്യോഹ പ്രാദുർബൂ തന്നിദം യക്ഷതി